വേദക്കാരാരിൽ പലരും ആഗ്രഹിക്കുന്നത് സത്യം അവർക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ അസൂയ കാരണം നിങ്ങളുടെ വിശ്വാസത്തിനുശേഷം നിങ്ങളെ സത്യനിഷേധികളാക്കി മാറ്റാനാണ് അതിനാൽ അള്ളാഹുസുബഹാനഹൂവത്തകാല തന്റെ വിധി നടപ്പിലാക്കുന്നതുവരെ നിങ്ങൾ മാപ്പ് നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവത്തകാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു